അവർ നരകത്തിൽ വെച്ച് പരസ്പരം തർക്കിക്കുന്ന സമയം ഓർക്കുക അപ്പോൾ ദുർബലർ അഹങ്കാരികളോട് പറയും തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അനുയായികളായിരുന്നു അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഒരു ചെറിയ ഭാഗമെങ്കിലും ഞങ്ങളെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമോ